നിങ്ങൾ അള്ളാഹുസുബഹാലഹൂവത്തേലായാലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും നിങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് അള്ളാഹുസുബഹാലഹൂവ തയാലായുടെ മാർഗത്തിൽ പോരാടുകയും ചെയ്യുക നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാണ്